അവൻ പറഞ്ഞു എന്റെ പക്കലുള്ള അറിവ് കാരണമാണ് എനിക്കിത് ലഭിച്ചത് അവനേക്കാൾ ശക്തിയുള്ളവരും സമ്പത്തു കൂടുതലുള്ളവരുമായ മുൻതല മുറകളെ അള്ളാഹുസുബാനഹുവ ചായാല നശിപ്പിച്ച കാര്യം അവൻ അറിഞ്ഞില്ലേ കുറ്റവാളികളായവർ അവരുടെ പാപങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല